സുലൈമാൻ അലിഹിസലാമിന് കാറ്റിനെ നാം കീഴ്പ്പെടുത്തി നൽകി അതിന്റെ പ്രഭാതയാത്ര ഒരു മാസവും പ്രദോഷയാത്ര ഒരു മാസവുമായിരുന്നു ഉരുകിയ ചെമ്പിന്റെ ഉറവയും നാം അദ്ദേഹത്തിന് ഒഴുക്കി നൽകി ജിന്നുകളിൽ ചിലർ അദ്ദേഹത്തിന്റെ മുന്നിൽ തന്റെ രക്ഷിതാവിന്റെ അനുമതിയോടെ ജോലി അവരിൽ ആരെങ്കിലും നമ്മുടെ കൽപ്പനയിൽ നിന്ന് വ്യതിചലിച്ചാൽ പ്രജ്വലിക്കുന്ന അഗ്നിയുടെ ശിക്ഷ നാം അവന് നൽകുന്നതാണ്